ശ്രീമുഖീനഷിണീ സമധ്ര നീർത്തധ സമ ൂപം വ്യധ്യാനം സുക്കാരതം തോ ചാഗരസ്ഥാനോ പ്രജ്ഞസോനവിശതിമുഖ സ്ഥൂലഭോ വൈശ്വാൻ പ്രഥമ പദ ോനവിശതി മുഖ പ്രോനം പശ്യസ്ഥാനീഭൂത പ്രമയൂ േരേഷ ദിവ യോഗ പ്രഭാപ്യോഹിഭൂത്ത ന്ദ്രം നജ്ഞം ന പ്രഘനം ന പ്രം ന പ്രശ്യം വ്യവഹാരം അഗ്രാഹ്യം അലക്ഷണം അചിന്യൂ പ്രത്യസാരം പ്രപഞ്ചോ വശനം ശാന്തം ശിവം അദ്വൈതം ചതുർം മനുതേ സത്മാജ്ഞേയ ജഗരിതസ്ഥാനോ പ്രഥമ മാത്രമത് ആപ്പണോതി സർവാൻ കാമാവതി സ്വപ്നസ്ഥാനത്തേജസ് ഉോ ദ്ധയാ മാത്ര ഉത്കർഷാ ഉഭയത് ഉത്കർഷദന്ദരി ബ്രഹ്മവിത്കുളേ സുഷപ്രോമകാരൃതീയ മാത്രമേ ദർവ മാത്രോ വ്യവഹാര പ്രപഞ്ചോശമസോ ആത്മൈവ സംവിശതി ആത്മന ആത്മാനം മേദ ശാന്തി പ്രപഞ്ചത്തിൽ എൺപത്തിയൊന്നാമത് കാര്യം അജം അനിദ്രം അസ്വപ്നം പ്രഭാതം സ്വയം സഗൻ വിഭാദോ സ്വഭാവത പുനരഭി പി ദൃശിഷ്ട ഇതെങ്ങനെ ഈ തത്വത്തെ വെളിപ്പെടുത്താം ഈ തത്വം വെളിപ്പെട്ടവർ ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത് അവരുടെ അനുഭവം എന്താണോ അതിനെ കുറിച്ച് വീണ്ടും ചോദ്യവും സമാധാനവും അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് അജം അനിന്ദ്രം അസ്വപ്നം സ്വയം പ്രഭാതം സ്വയമേവ തത് പ്രഭാതം നാതിത്യാദ്യ അപേക്ഷം സ്വയം ജ്യോതി സ്വഭാവം ഇത്യർത്ഥ ഇത് ബുദ്ധന്മാരുടെ വിഷയം വിഷയ സഹിബുദ്ധാന എൺപതാമത്തെ കാര്യങ്ങളും പറഞ്ഞു അവർക്കിത് എങ്ങനെ അനുഭവപ്പെടുന്നു പറയുന്നു ഇത് പ്രഭാതമായി അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ശോഭ ദീപ്തി എന്നാ പ്രഭാതം എന്ന് പറയുമ്പോ അതിൽ ഏറ്റവും ഉത്തമമായ ഉത്തമമായ പ്രകാശം ഉത്തമമായ ശോഭ ഉത്തമമായ ദീപ്തി അതിന് പ്രഭാതം പറയുന്നതും ആർത്ഥത്തിൽ തന്നെ നമ്മുടെ ഭാഷയിൽ പറയുന്ന പ്രഭാതം അവിടെയുണ്ട് എന്താണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന പ്രഭാതം എന്ന് പറഞ്ഞു അന്ധകാരത്തിൽ നിന്ന് വരുന്നത് തന്നെ അവളിച്ചത്തിനൊരു പ്രകൃഷ്ഠതയുണ്ട് മറ്റ് പ്രകാശങ്ങളെല്ലാം അപേക്ഷിച്ച് അതിനൊരു വിശിഷ്ടതയുണ്ട് പ്രഭാതം കഴിഞ്ഞ് പിന്നെ മധ്യാ വരും സായാഹ്നം വരും അവിടെയൊക്കെ പ്രകാശം മാറുന്നു അതിനെല്ലാം ശ്രേഷ്ഠമായി നമ്മൾ കരുതുന്നതും പ്രഭാതം തന്നെയാണ് അവിടെ പ്രകൃഷ്ടപ്രകാശം ഉണ്ട് പ്രഭാതത്തേക്കാൾ കൂടുതലും പ്രകാശത്തിന് തീവ്രതയുള്ളത് മധ്യത്തിനാണ് എന്നാലും പ്രഭാതം പോലെ ഉള്ള മഹത്വം അതിനു പ്രധാന കാരണം എന്താണ് ഒന്നത് അന്ധകാരം കഴിഞ്ഞ് വരുന്നതുകൊണ്ട് പ്രഭാതം രണ്ടുതരത്തിൽ വരും ഒന്ന് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരും സാധാരണ പ്രഭാതം മറ്റൊന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് വരും ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ അതുവരെയുള്ള അന്ധത മാറുന്നുകൊണ്ട് ആ ഉണർവിനൊരു പ്രാമുഖ്യമുണ്ട് അതിനൊരു വിശേഷതയുണ്ട് ജാഗ്രതയുടെ തുടക്കം പ്രഭാതവും അങ്ങനെ തന്നെയാണ് സാധാരണ രാത്രിയിൽ ഉറപ്പും പ്രഭാതത്തിൽ ഉണർവുമാണ് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകുന്നത് സംഭവിക്കാറുണ്ടെങ്കിൽ അത് ഒരു ഗുമയായിട്ടും എടുക്കാം ആ പ്രഭാതം പോലെ ഇത് സ്വയം പ്രഭാതമായിരിക്കുന്നു അങ്ങനെയാണ് അവർക്ക് അനുഭവപ്പെടുന്നത് കാരണം മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച് പ്രഭാതത്തിന്റെ പ്രത്യേകത എന്താണ് അത് കൂടുതൽ ശാന്തമാണ് പ്രഭാതം കൂടുതൽ ആനന്ദദായകമാണ് പ്രഭാതം മധ്യാതുപോലെയല്ല പ്രകാശത്തിന് തീക്ഷ്ണത വരും അപ്പൊ പ്രഭാതത്തിന്റെ ആ സൗമ്യത അവിടെ നഷ്ടപ്പെട്ടു ആത്മപ്രകാശവും എങ്ങനെയാണ് ആത്മപ്രകാശവും ബുദ്ധന്മാരെ സംബന്ധിച്ച് അത് ഈ നമ്മുടെ പ്രഭാതം പോലെയാണ് അത് വളരെ ശാന്തമാണ് സൗമ്യമാണ് ഏകാഗ്രമാണ് പകൽ മാറുന്നതനുസരിച്ച് അതിന്റെ ശാന്തതയും സൗമദ്യം എല്ലാം നഷ്ടപ്പെടും കൂടുതൽ ഘോരമാവും തീവ്രമാവും പിന്നെ അത് ക്ഷീണിക്കും ക്ഷീണിക്കുന്നതാണ് സായാമാണ് നമ്മൾ വീണ്ടും അന്ധത ആഗ്രഹിക്കുന്നത് സുഷ്ടയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതിന്റെ എല്ലാ നല്ല ഭാവങ്ങളും കൂടെ ക്രമേണ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടത് േ പ്രഭാതം നല്ല കാര്യങ്ങൾക്കെല്ലാം ഉപയോഗപ്പെടുത്തും ധ്യാനിക്കാനും മനസ്സിനെ ആഗ്രഹപ്പെടുത്താനും എല്ലാം കാരണം പ്രഭാതത്തിന് ഉള്ള ആ സൗമ്യത അത് വേറെ സമയത്തും കിട്ടത്തില്ല അതുപോലെ സായാനും അതുപോലെയാണ് പക്ഷെ അവിടെ കൂടുതൽ ക്ഷീണിക്കും വൃത്തികൾ ക്ഷീണിക്കും പ്രഭാതത്തിൽ അങ്ങനെയുണ്ട് അത് കൂടുതൽ ഊർജ്ജസ്വലമായി അതുകൊണ്ട് ബുദ്ധന്മാർക്കും ഇത് പ്രഭാതമായി അനുഭവപ്പെടുന്നു എന്നാണ് വളരെ ശാന്തമായി സൗമ്യമായി ഏകാഗ്രമായി നിശ്ചലമായി പ്രഭാതത്തിന്റെ നിശ്ചല പിന്നീട് കാണത്തരും പിന്നീട് വ്യവഹാര ആധിക്യം വരും വ്യവഹാരം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഇപ്പോൾ പ്രഭാതത്തിലാണ് വ്യവഹാരം കുറവാണ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം പോലും മന്ദമായിട്ടാണ് ആരംഭിക്കുന്നത് പിന്നെ അത് തീഷ്ണോ സർവ വ്യവഹാരങ്ങളും നീ തുടക്കം എന്നാണ് സുഷത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നു സാവധാനം തുടങ്ങും പിന്നെ അത് വളരെ രൗദ്രഭാവത്ത് പ്രാപിക്കുന്നു അതുകൊണ്ട് ആ തുടക്കം അതെങ്ങനെയാണോ അനേക ഗുണങ്ങളോടുകൂടിയിരിക്കുന്നത് അതുപോലെയാണ് ഈ അനുഭവം സ്വയമേവ തത്പ്രഭാതം ഭോതി എന്തുകൊണ്ടങ്ങനെ ഇരിക്കുന്നു ഭാഷകാലം പറയുന്നു ആദിത്യാദ്യ അപേക്ഷം ോതി സ്വഭാവം പറയും നമ്മൾ ഉണർവിലേക്ക് വരുമ്പോൾ വാസ്തവത്തിന് പൂർണമായും നിരപേക്ഷമായിട്ടാണ് വരുന്നത് മറ്റൊന്നിനെ അപേക്ഷിക്കില്ല ഇന്ദ്രിയങ്ങളെല്ലാം ക്രമേണ സജീവമാകുകയാണെങ്കിൽ അത് പ്രവർത്തിച്ച് തുടങ്ങുന്നു പിന്നീടത് ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു കാരണം മുമ്പ് പറഞ്ഞാൽ എന്താണ് വ്യവഹാരം വളരെ ശക്തമാവുന്നത് ക്രമേണയാണ് പക്ഷേ ആ പ്രഭാതത്തിൽ നമുക്ക് കൂടുതൽ ശാന്തിയും സൗമ്യതയും സുഖവും എല്ലാം അനുഭവം നിന്നുകൊണ്ട് അത് നിരപേക്ഷമായിരിക്കുന്നുകൊണ്ടാണ് അപ്പൊ നിന്ന് വരുന്ന ആ ഉണർവ് അത് നിരപേക്ഷമാണ് ഒന്നിനെ ആശ്രയിക്കുന്നില്ല വളരെ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ പറയുന്ന എന്താണ് സുഷയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ കേവലം ഒരു അഹംബോധവും തുടർന്നൊരു ഇതംബോധവും ഞാൻ ഇത് ഈ രണ്ട് ബോധമേ ഉള്ളൂ അവിടെ നാനാത്ത ബോധം വേറെയില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ താണോ അത് സ്വയം പ്രകാശിക്കുന്നതാണ് സ്വയം ജോലിയാണ് ഈ ജാഗ്രതയിൽ നിന്ന് നമ്മൾ ഈ വ്യവഹാരങ്ങളെല്ലാം ചെയ്യുമ്പോൾ വ്യവഹാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ വ്യാപാരങ്ങൾ ഗ്രഹണം സ്മരണം അതിനെയൊക്കെ ഗ്രഹിക്കുക അതിനെയൊക്കെ സ്മരിക്കുക തുടങ്ങി ഈ വ്യാപാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ാഹ്യമായ ഒരുപാട് നിമിത്തങ്ങളെ ആശ്രയിക്കുന്നുണ്ട് പ്രധാനമായും ശബ്ദസ്പർശന പരസഗന്ധങ്ങൾ എന്ന് പറയുന്ന വിഷയങ്ങളെ ആശ്രയിക്കുന്നുണ്ട് ഇതിനാശ്രയിച്ചിട്ടാണ് നടക്കുന്നത് പക്ഷേ പ്രഭാതത്തിൽ അങ്ങനെ അതായത് ആ ഉണ്ണറിവിലേക്ക് കിടക്കുമ്പോൾ അത് ഈ വിഷയങ്ങളൊന്നും അവിടെ പ്രകടമായില്ല അവിടെ വ്യവഹാരവും കുറവാണ് പക്ഷേ അവിടെ ഈ പ്രകാശത്തിന് കുറവ് പ്രകാശം ഏറെക്കുറെ അതിശുദ്ധമായി ശാന്തമായി അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് അത് നിരപേക്ഷമായി പ്രകാശിക്കുന്നുണ്ട് സ്വയം ജ്യോതി സ്വഭാവം എന്ന് പറയുന്നതിന് അനുഭവം തന്നെയാണ് പ്രമാണം എപ്പോഴാണോ നമ്മൾ കൂടുതൽ വ്യവഹാരങ്ങളിലേക്ക് മുഴുകുന്നത് നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം കൂടുതൽ വിഷയങ്ങളെ ഗ്രഹിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ അന്ധക്കണ്ണത്തിൽ നാനാ തരത്തിലുള്ള വൃത്തികളുണ്ടായി വിഷയങ്ങളെ ഗ്രഹിക്കുകയും സ്മരിക്കുകയും വിസ്മരിക്കുകയും തന്നെ ചെയ്യുന്നത് ഈ പ്രകാശം വാങ്ങുന്നു ഇപ്പോൾ പ്രപഞ്ചം നമുക്ക് കൂടുതൽ സ്ഥൂലമായി ജാഗ്രതയും സജീവമായി അനുഭവപ്പെടും നമ്മൾ സഹജമായിരിക്കുന്ന ആ ബോധം അതിനോട് പ്രാധാന്യം അതാണ് ശരിയായ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ നമ്മളീ സംഭവിക്കുന്ന മാറ്റം അതിന് മുമ്പത് പ്രകാശിക്കുന്നു അതുകൊണ്ടാണ് അതിന് സ്വയംജ്യോതി എന്ന് പറയുന്നത് സ്വയംജ്യോതി സ്വഭാവം ഇത് പരിശോധിച്ചാൽ നമ്മൾ സുഷൃത്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് എങ്ങനെ വരുന്നു ജാഗ്രതത്തിലൂടെ എങ്ങനെ കടന്നു പോകുന്നു വീണ്ടും എങ്ങനെ സുഷൃതിയിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ നമ്മുടെ ബോധത്തിന് വരുന്ന മാറ്റം അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ സ്വയം ജ്യോതിഷ്ടം സ്വയം ജ്യോതി സ്വഭാവം അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുതന്നെയാണ് ബുദ്ധന്മാരുടെ അനുഭവമായി പേഷം നമ്മൾ ഉണർവിനേക്ക് വരുമ്പോ വാസ്തവത്തിൽ നമ്മൾ പ്രകാശത്തെ അനുഭവിക്കുന്നു അതിന് പുറമെ പ്രകാശത്തിന്റെ ആവശ്യം ഉള്ളിലുള്ള പ്രകാശത്തെ തന്നെ അനുഭവിക്കുന്നു ആദ്യത്തെ പ്രകാശം പിന്നീടാണ് പിന്നെ ബാ പുറമേ കണ്ണ് തുറന്ന് പുറമെയുള്ള പ്രകാശത്തെ അനുഭവിക്കുന്നത് കണ്ണ് തുറന്നില്ലെങ്കിലും ഉള്ളിലുള്ള പ്രകാശത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു അതുകൊണ്ടാണ് നാദിത്യദ്യപേക്ഷദിത്യനെയൊന്നും അപേക്ഷിക്കുന്നില്ല നമ്മൾ ഉണരുമ്പോൾ ഒരാദിത്യൻ ഉണ്ടാകണമെന്നില്ല അതിന് ഇല്ലാതെ തന്നെ നമുക്ക് പ്രകാശത്തെ അറിയാൻ കഴിയും ഉണരുമ്പോ നമ്മൾ വാസ്തവത്തിൽ അന്ധതയല്ല നമുക്ക് അനുഭവപ്പെടും പിന്നീട് നമ്മൾ പെണ്ണടച്ച് ഇരട്ടാവുക ചെയ്യും ഉണരുമ്പോ നമ്മൾ പ്രകാശത്തിലാണ് ഉണരുന്നത് അന്ധകാരമാണെന്നൊരു ബോധം നോക്കുവരുന്നില്ല ഉണർന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഉണർന്നതിനു ശേഷം നമ്മൾ പറയും അന്ധതയെക്കുറിച്ച് അന്ധകാരത്തെക്കുറിച്ച് പറയും എന്തുകൊണ്ട് ഇത് സ്വയം പ്രകാശിക്കുന്ന ഇതിന്റെ പ്രകാശത്തിൽ നിന്ന് ആർക്കും മാറിയിരിക്കാൻ പറ്റത്തില്ല സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് ആർക്കും മാറിയിരിക്കാൻ കഴിയും സൂര്യന്റെ മുമ്പിൽ നിൽക്കുന്ന ആർക്കും തന്നെ സൂര്യന്റെ പ്രകാശത്തു നിന്നും മാറാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ അന്ധകാരത്തെ സൃഷ്ടിക്കുകയാണ് ഇത് മാറണമെങ്കിൽ നമ്മളെന്ത് വേണം ഒന്നുകിലുമല്ല ഗുഹയിലും പോകണം രണ്ടുപായമേ ഗുഹയിൽ പോയാൽ നമുക്ക് ആ പ്രകാശത്തേത് മാറിയിരിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ കണ്ണടക്കണം നമ്മുടെ കണ്ണടച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ധതയിലേക്ക് പോകാം അതുപോലെയാണ് ഇവിടെ ഈ സംഭവിക്കുക അടുത്ത പരിഗലത് വിശദീകരിക്കും അങ്ങനെ സംഭവിക്കും ഇവിടെയും സ്വയം ജ്യോതി സ്വഭാവമായിരിക്കുന്ന ആ പ്രകാശത്തിൽ നിന്ന് പിന്നെ നമ്മൾ അന്ധതയെ സ്വയം സ്വീകരിക്കുകയാണ് അതുപോലെ തന്നെ നിമിത്തമൊന്നും സഹജമായി സംഭവിക്കുന്നു പറയും മറിച്ചാണെങ്കിലോ ഇത് സദാ പ്രകാശിക്കുന്നതാണ് പ്രതിബോധവിദിതം നമ്മൾ പലവണ് പറഞ്ഞിട്ടുള്ളതാണ് സൂര്യന്റെ പ്രകാശത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത പോലെ യം പ്രകാശത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല അന്ധതയിലേക്കൊരിക്കലും പോകാൻ കഴിയുന്നില്ല അത് ഗ്രഹിക്കുന്നവനെയാണ് ബുദ്ധൻ എന്ന് പറയുന്നത് അങ്ങനാണ് അജ്ഞാനം കല്പിക്കുന്നതാണെന്ന് പറയുന്നു അങ്ങനെ ഒന്നില്ല ഞാൻ കല്പിച്ചാൻ എന്തു ഭ്രാന്തമായി തന്നിലേക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും വാസ്തവത്തിന് അങ്ങനെ ഒന്നുമില്ല സ്വയം ജ്യോതി സ്വഭാവം സകൃത് വിഭാദ സദൈവ വിഭാത ഇത അതുപോലെയല്ല നമ്മളെ സംബന്ധിച്ച് എന്താണോ നമ്മൾ പ്രകാശത്തെ കാണുന്നു ആ പ്രകാശത്തെ കണ്ടുകൊണ്ടിരിക്കുക തന്നെ നമ്മൾ അന്ധതയിലേക്ക് പോകുന്നു അന്ധകാരത്തെയും നമ്മൾ ദർശിക്കുന്നു ഇത് മാറി മാറിയാണ് സൂര്യന്റെ പ്രകാശത്ത് തന്നെ എടുത്തു പ്രകാശത്ത് നമ്മൾ എത്രമാത്രം കാണുന്നോ അത്രമാത്രം നമ്മൾ അന്ധതയും കാണും എന്തുകൊണ്ട് നമ്മുടെ കൺബോളകൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് തടയുമ്പോൾ അന്ധതയാണ് ഉന്മേഷരത്തേക്കാണ് നമ്മുടെ ഉന്മേഷ ഉന്മേഷങ്ങൾ അത് പ്രകാശത്തെയും അന്ധതയും മാറി മാറി നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തു പറയുന്നതാണ് അത് അന്തേരം നിമിത്തമായി സംഭവിക്കുന്നത് അതിന് നിമിത്തമൊന്നുമില്ല എന്നുവെച്ചാൽ അതിന് യത്നം ആവശ്യമില്ലാന്നോ നിമിത്തമുണ്ട് പ്രയത്നം ആവശ്യമില്ല അതുപോലെ ഈ പ്രകാശത്തിൽ തന്നെ നമ്മൾ അന്ധതയെ സൃഷ്ടിക്കുകയാണ് വാസ്തവത്തിൽ ബാഹ്യമായി ഈ സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആ പ്രകാശത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ട് ഇല്ല ആ മാറ്റം സംഭവിക്കാതെ തന്നെ നമ്മൾ സ്വയം അന്ധരാകും ഒരു നിമിഷം നേരത്തേക്കാണെങ്കിൽ വീണ്ടും നമ്മൾ പ്രകാശത്തിലേക്ക് വരും പലപ്പോഴും നമ്മുടെ അന്ധതയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല നമ്മൾ അന്ധതയിൽ നിന്നാണ് വീണ്ടും പ്രകാശത്തിലേക്ക് വരുന്നത് അതും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ് ഭൗതികമായ പ്രകാശത്ത് സംഭവിക്കുന്ന കാര്യമാണ് ഇരട്ടും വെളിച്ചവും മാറി മാറി അനുഭവപ്പെടുന്നത് അത് തന്നെയാണ് ആന്തരികമായ പ്രകാശത്തിന് സംഭവിക്കുന്നത് പുറമേ നമുക്ക് നേരിട്ടും വെളിച്ചവും മാറി മാറി നമ്മൾ അനുഭവിക്കുമ്പോഴും വെളിച്ചത്തിന് മാറ്റം സൂര്യൻ ഒരേ രീതിയിൽ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഇതുപോലെ ആന്തരികമായ പ്രകാശം അതിനെ കുറിച്ച് എന്ത് പറയുന്നു സകൃത് വിഭാത സദായവ വിഭാത ാഹ്യമായ പ്രകാശം പോലെ തന്നെ ആന്തരികമായി പ്രകാശവും ഒരേ രീതിയിലിരിക്കുന്നു അതാണെന്ന് പറഞ്ഞെന്താണ് അനിദ്ര അസ്വപ്നം അവിടെ നിദ്ര ഈ സ്വപ്നവും ഇല്ല ഒരേ രീതിയിൽ ആണ് ആ പ്രകാശം നമ്മൾ ചോദിക്കാറില്ലേ ഞാനീ ഉറങ്ങാറുണ്ടോ ആ ജ്ഞാനം ിക്കാറുണ്ട് അതുപോലെയാണ് നമ്മൾ കണ്ണടയ്ക്കുന്നുകൊണ്ട് സൂര്യൻ പ്രകാശിക്കാതിരിക്കുമോ അത് സംഭവിക്കുന്നില്ല ഇതെന്താണ് സദൈവ വിബാധ ബുദ്ധന്മാരുടെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് ഒരേ പ്രകാശം തന്നെ അവർ വെറുതെ കണ്ണടച്ചിട്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ പറയും എന്താണോ സെർവരും അനുഭവശാലികളാണ് എന്ന് പറയും അത് ആത്മസ്വരൂപം എന്നുള്ള നിലയ്ക്ക് എന്നെ പറയുന്നു ആത്മപ്രകാശത്തിന്റെ നിലയ്ക്ക് പറയണം ആത്മ അനുഭവത്തിന്റെ നിലയ്ക്ക് പറയുകയാണ് കാരണം ഈ അനുഭവത്തിൽ നിന്നും ഇത് രണ്ടു കാര്യം ഒന്നിത് സ്വയം പ്രകാശിക്കുന്നു മറ്റൊന്നിത് സദാ പ്രകാശിക്കുന്നു ഇതിൽ ജ്ഞാനാവസ്ഥ അജ്ഞാനാവസ്ഥ ഇങ്ങനെ വരാൻ വഴിയില്ല സൂര്യനിൽ ഇരുട്ടും വെളിച്ചം വന്ന സൂര്യനിൽ നിന്ന് നമ്മൾ വളരെ അകന്നു വന്നിട്ടാണ് നമ്മൾ ഇരുട്ടിനെയും വെളിച്ചത്തെയും സൃഷ്ടിക്കുന്നു സൂര്യനിലാണെങ്കിലോ ഇരുട്ടും വിളിച്ചു അപ്പം ഇത് രണ്ടും കൂടെയോ അതെന്താണ് നിരപേക്ഷമായി പ്രകാശിക്കുന്നു സദാ പ്രകാശിക്കുന്നു ഈ അനുഭവമാണ് സെർവർപ്പുള്ളതെന്നാണ് അതുകൊണ്ട് ആത്യന്തികമായി ഞാനീ അജ്ഞാനി എന്ന് വേറിതിരിക്കാൻ വയ്യ ഇവിടെ അങ്ങനെ ഇവിടെ വേറിതിരിക്കുന്നില്ല ഈ പരമമായ തത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശാസ്ത്രത്തിൽ പറയും ചിലപ്പോൾ എന്താണോ ഞാനീ അജ്ഞാനിക്ക് ഉപദേശിക്കുന്നു എന്താണ് ശ്രോതാവും വക്താവും ഇതുലഭമാണെന്നെല്ലാം പറയും പക്ഷെ അത് പരമാർത്ഥത്തിൽ പറയുന്നത് പരമാർത്ഥത്തിൽ പറയുമ്പോഴോ സർവരും അനുഭവശാലികൾ തന്നെയാണ് ഈ അനുഭവത്തിലാണ് ഗുരുവന്റെ നിലനിൽപ്പ് ഈ അനുഭവം തന്നെയാണ് ഗുരുവന്റെ ഉണ്മ അപ്പൊ ഒരാൾക്ക് സ്വന്തം ഉണ്മയിൽ നിന്ന് മാറിയിരിക്കാൻ സ്വന്തം അസ്തിത്വത്തെ വിട്ടിട്ട് നിൽക്കാൻ കഴിയും കഴിയില്ലെങ്കിൽ ആ അസ്തിത്വം തന്നെയാണ് ഇതിന്റെ അനുഭവം എന്ന് പറയും ഈ അനുഭവത്തിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ പറ്റിത്തന്നെ അതാണ് പരമാർത്ഥം പിന്നെ എന്താ ഇവിടെ തകരാറ് വരുന്നത് ആ പരമാർത്ഥത്തെ ബോധിക്കുന്നില്ല എന്നുള്ളത് ആ പരമാർത്ഥത്തെ ബോധിക്കുമ്പോ അവിടെ ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദമില്ല അപ്പോ ഇവിടെ പറയുന്നത് അതും എന്താണ് സദൈവ വിഭാത അത് സ്വയം പ്രകാശിക്കുക മാത്രമല്ല സദാ പ്രകാശിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പരമാർത്ഥത്തിൽ ബന്ധവും മോക്ഷവും എന്ന് പറയുന്നു എന്ന് പറയുന്നു ആ രീതിയിലാണ് യേഷ ഏവൻ ലക്ഷണം ആത്മാക്കിയോ ധർമ്മോധാതോ സ്വഭാവത വസ്തു സ്വഭാവത ഇതിനെ വീണ്ടും വിശേഷിപ്പിക്കും യേഷർമ്മ ഇത് ധർമ്മമാണ് ധാരണാദ്ധർമ്മം ധർമ്മത്തിന്റെ നിർവചനം പൊതുവെ പറയുന്നത് അങ്ങനെയാണ് ധാരണാത് ധർമ്മയിത്യാഹോ ധരിക്കുന്നതുകൊണ്ട് ധർമ്മം നമ്മൾ സാധാരണ വ്യവഹാരത്തിൽ പറയുന്ന ധർമ്മം വ്യവഹാരിക ധർമ്മം അവിടെ അങ്ങനെ തന്നെ പറയുന്നു സർവത്തെയും നിലനിർത്തുന്നത് ധർമ്മമാണ് ലോകവ്യവഹാരത്തിലും സത്തായ സർവത്തെയും നിലനിർത്തുന്നതാണ് ധർമ്മം ധർമ്മസ്വരൂപത്തിൽ എല്ലാ നന്മകളും നിലനിൽക്കുന്നു എല്ലാ നന്മകൾക്കും ഒരാധാരമുണ്ടെങ്കിൽ അതിനെ ധർമ്മം എന്ന് പറയും അത് വ്യാവഹാരികമായി പറഞ്ഞു ഇവിടെ അത് തന്നെ ആത്മാവിനെ സംബന്ധിച്ച് പറയുമ്പോഴും ഇത് ധർമ്മമാണ് ഇവിടെ എന്താണ് സർവകല്പനകൾക്കും ആധാരം ഇവിടെ പ്രധാനമായും രണ്ട് കല്പനകളേ ഉള്ളു നമ്മൾ മാണ്ഡിത്യത്തിൽ വിചാരം ചെയ്യുമ്പോൾ ഇവിടെ രണ്ടേ രണ്ട് കല്പനകളേ ഉള്ളു എന്താണ് ഒന്ന് ബന്ധം മറ്റൊന്ന് മോക്ഷം രണ്ട് കൽപ്പനകളെയാണ് രണ്ടും കൽപ്പനകളാണ് അതിൽ വരുന്നതാണ് ബാക്കി സർവ്വ മറ്റെല്ലാ സാധനകളും എല്ലാ സാധ്യങ്ങളും എല്ലാം അധികം പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിലും ബന്ധത്തിലും ആത്മാവ് എന്ന് പറയുമ്പോൾ മോക്ഷത്തിലും ജാഗ്രത സ്വപ്ന സുഷൃപ്തികൾ എല്ലാം ജാഗ്രത സ്വപ്നങ്ങൾ െന്ന് പറയുമ്പോ ബന്ധത്തിൽ സുഹൃത്തിയിലേക്ക് എത്തുമ്പോൾ മോക്ഷത്തിലേക്ക് പോകുന്നു അതടുത്ത് പറയും അങ്ങനെ കല്പിതമായ സർവത്തിന്റെയും ആധാരമായിരിക്കുന്നുണ്ട് ഇതിനെ ധർമ്മം എന്ന് പറയുന്നു അപ്പോൾ ഇതും ബുദ്ധന്മാരുടെ അനുഭവമായിട്ട് പറയണം ബുദ്ധൻ എങ്ങനെ കാണുന്നു സർവകൽപ്പനകൾക്കും ആധാരമായി കാണുന്നു വിജ്ഞാനത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ നാലാമത്തേത് എന്ന് പറയുന്ന തുര്യൻ ആ തുര്യൻ നാലാമത്തേതെന്ന് പറയുന്ന ഏതർത്ഥത്തിൽ സർവാധാരം എന്നുള്ളത് ജാഗ്രത എന്ന് പറയുന്ന കൽപ്പനയ്ക്കും സുഷുതി എന്ന് പറയുന്ന കൽപ്പനയ്ക്കും സ്വപ്നം എന്ന് പറയുന്ന കൽപ്പനയ്ക്കും എന്തിന് തുരിയെന്ന് പറയുന്ന കൽപ്പനയ്ക്കും എല്ലാ കൽപ്പനയ്ക്കും ആധാരമായിരിക്കുന്ന വിജ്ഞാനസ്വരൂപമായി അതിനെ കാണുന്നു അതാണ് ധർമ്മം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പറയുന്നു ധാതു ഇതെല്ലാം സ്വഭാവമാണെന്നും പറയുന്നു ധാതു കൊണ്ട് പറയുന്നു കൽപന എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് പ്രകടമായി വരുന്നു ജാഗ്രത സ്വപ്നങ്ങൾ ഈ പ്രപഞ്ചം ഇതിൽ പ്രകടമായി വരുന്ന ധാതു എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും വിലയത്തിന്റെ ആധാരമായിരുന്നു കൽപ്പനകൾ ഇതിൽ നിന്ന് ഉയർന്നു കൽപ്പനകൾ ഇതിലേക്ക് രണ്ട് ഭാവത്തെയും കാണിക്കാനും ധർമ്മമെന്നും ധാതു പറഞ്ഞു ഒന്ന് ജാഗ്രസ്വപ്ന രൂപത്തിൽ ഇതിൽ നിന്ന് പ്രകടമാകും മറ്റൊന്ന് ഇത് മാത്രമായി അവശേഷിക്കും വിലയിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ബുദ്ധന്മാരെ സംബന്ധിച്ച് ീ കൽപ്പനകളെല്ലാം ആത്യന്തികമായി ഇത് മാത്രമായി അവശേഷിക്കുന്നു മുരുഭൂമിയിൽ കാണുന്ന ആ മരീചിക കേവലം പ്രകാശം മാത്രമായി അവശേഷിക്കുന്നു കാണുന്ന സർപ്പം എന്ന് പറയുന്നത് കേവലം രജ്ജു മാത്രമായി അവശേഷിക്കുന്നു അതാണ് വിലയിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാതെ ഒന്നും മറ്റൊന്നും ലയിക്കുന്നതുപോലെ കേവലം അധിഷ്ഠാനം മാത്രമായി ശേഷിക്കുക അതുകൊണ്ടാണ് അതിന്റെ ധാതു എന്ന് പറയുന്നത് ഉണ്ടായി നശിക്കാൻ മരുഭൂമിയിൽ എന്താണ് അവിടെ ജലം ഉണ്ടായി പിന്നെ നശിക്കുന്നത് പിന്നെന്താണ് കേവല പ്രതീതി മാത്രം ആ പ്രതീതിക്കൊരു അടിസ്ഥാനം വേണമല്ലോ പ്രതീതി അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ധർമ്മം എന്ന് പറയുന്നു പ്രതീതിക്ക് അത് ആധാരമായിരുന്നു പക്ഷെ സത്യത്തെ ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവിടെ അത് ധാതുവായി എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് ആ ഭ്രാന്തി മാറിയിരുന്നു ആ ഭ്രാന്തി മാറുന്നതാണ് ഇവിടുത്തെ ലയം എന്ന് പറയുന്നത് ഇത് ധർമ്മമായും ഒരേ സമയം തന്നെ ധാതുവായി നിൽക്കുന്നു എന്നർത്ഥം സർവ ഈ കൽപ്പനകൾക്കും ആധാരമായും സർവകൽപ്പനകളെയും നിരാകരിച്ചിട്ട് കൽപ്പനാശേഷമായി രണ്ട് തരത്തിലും ഇത് നിലനിൽക്കൊന്നും ബുദ്ധന്മാരെ സംബന്ധിച്ചെടുത്തോളാം ഇത് മുമ്പ് തന്നെ ഇത് ഒന്നാമത്തെ പ്രകടനത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ അവിടെ അനേക ചോദ്യങ്ങളും സമാധാനമാണ് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദ്യം വന്നു ഈ ജാഗ്രത സ്വപ്നങ്ങൾ ഈ പ്രപഞ്ചം ബന്ധമോക്ഷ വ്യവഹാരങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നു വാസ്തവത്തിൽ അജാതിയാണ് സത്യമെങ്കിൽ ഈ ഭ്രാന്തിക്ക് എന്താ സമാധാനം പറയുന്നു അല്ലെങ്കിൽ സാറിനെ ചോദിക്കുന്ന ചോദ്യം ഇതൊക്കെ എങ്ങനെ ഉണ്ടായി അതിനവിടെ സമാധാനം പറഞ്ഞു എന്താണ് ദേവശേഷ സ്വഭാവം ഈ ദേവന്റെ സ്വഭാവമാണ് ദേവന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ അതിന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ അതിന് നമുക്കതിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ വിശദീകരിച്ചാണ് ഇതെല്ലാം ഇതിന്റെ സ്വഭാവം എന്നാണ് ഇവിടെയും പറഞ്ഞു അവിടെയത് പറഞ്ഞെങ്ങനെ നമ്മുടെ ചോദ്യത്തിന് സമാധാനം എന്നുണ്ടാകാനെനിക്ക് പറയുന്നത് ഒരുപാട് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു ആദ്യമേ ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല എല്ലാ അന്വേഷണങ്ങളും അന്വേഷിക്കുന്നവരിൽ തന്നെ ഒടുങ്ങണം അങ്ങനെ ഒടുങ്ങുന്നവരാണ് ബുദ്ധന്മാര് ഇവിടെ പറയുന്ന എങ്ങനെ ബുദ്ധന്മാരുടെ അനുഭവമായിട്ട് പറയുന്നു ഇതെല്ലാം സ്വഭാവത സംഭവിക്കുന്നു സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ ഈ ധർമ്മമായും ധാതുവായും ഇരിക്കുന്ന ഈ വിജ്ഞാന സ്വഭാവമാണ് ഇതെല്ലാം വിജ്ഞാനസ്വഭാവമാണെന്നുള്ള ആണ് ആര് ബുദ്ധാനാം വിഷയ ചോദിച്ചല്ല പുനരവി കീദൃശ്യശ്വാസു ബുദ്ധാനാം വിഷയ ഇതെങ്ങനെ ബുദ്ധന്മാരുടെ വിഷയമാകുന്നു ഭാവമായിരിക്കുന്നു ആ സ്വഭാവമായി കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ഒന്നിനെയും പ്രത്യേകിച്ച് തിരിക്കാനുമില്ല എന്തിനെങ്കിലും ആഗ്രഹിക്കാനുമില്ല ഇവിടെ നിരോധിക്കാനില്ല നമ്മൾ സാധാരണ അജ്ഞന്മാരെന്താ ചെയ്തത് ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ജന്മം ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുന്നതാണ് ജീവിതം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് നമ്മുടെ സങ്കല്പങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ചിന്തകൾ അത് പ്രയാസമാണ് അതുകൊണ്ട് ഇതിനെല്ലാം നിരോധിക്കാം അങ്ങനെ വിചാരിക്കും ഇതിനൊക്കെ നിരോധിച്ചു കഴിഞ്ഞാലോ ഏതാണോ ശല്യപ്പെടുത്തുന്നത് ആ ശല്യങ്ങളെല്ലാം ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നെ സുഖമായി ആനന്ദമായി പക്ഷേ ഇവിടെ അങ്ങനെ നിരോധിക്കാനൊന്നുമില്ല ചെലു പറയുന്ന അങ്ങനെയാണ് അങ്ങനെ നിരോധിച്ചിട്ട് സുഖം എഴുതുക തീർച്ചയായും നിരോധിച്ചാൽ സുഖം വരും അത് വരുന്നില്ലെന്ന് പറയുന്നില്ല പക്ഷെ ബുദ്ധന്മാരുടെ വഴി അതല്ല എന്തുകൊണ്ട് ഇവിടെ നിരോധിക്കാനായും രണ്ടാമതൊന്നില്ല ഇതെല്ലാം തന്റെ സ്വഭാവമായി തന്നെ ഇരിക്കുന്നു ആ സ്വഭാവത്തെ ആര് നിരോധിക്കും നിരോധിക്കാൻ രണ്ടാമതൊരാള് വേണ്ടേ വേറൊരു തരത്തിൽ പറഞ്ഞു പക്ഷെ അവിടെ നമ്മൾ ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കി പ്രകൃതി ആർക്ക് നിഗ്രഹിക്കാൻ കഴിയും രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യണം അതൊരു വേറൊരു വേറൊരു സന്ദർഭമാണ് അവിടെ നമുക്ക് ഈ രീതി മനസ്സിലാക്കാൻ പറ്റത്തില്ല അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലല്ല ഇവിടെയാണ് അതിന്റെ പരമാർത്ഥത്തെ കുറിച്ച് പറയുന്നത് ഇവിടെ അത് തന്നെ പറയുന്നുഗ്രഹിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് നിഗ്രഹിക്കേണ്ടതെന്നല്ല ഇത് സ്വഭാവമാണോ ഇതിനെ നിരോധിക്കാൻ നിരോധിക്കാനായിട്ട് ഇത് പേരെ നിൽക്കുന്നുണ്ട ഇത് ബുദ്ധന്മാരുടെ അനുഭവമാണ് എന്ന് പറയും ധർമ്മവും ധാതവുമായിരിക്കുന്നു അജം അനിദ്രം അസ്വപ്നം പ്രഭാതം ഭവതി സ്വയം സകർ വിഭാദോഷ ഭാവം ദുഃഖം വിവ്രദീയു സദാ കമ്മേണ ഭഗവാനസോ ൗക്രാമിത് പറയുന്നത് പക്ഷേ ഗ്രഹിക്കാൻ അനായാസമായി കഴിയുന്നില്ല ഉച്ചമാനമബ ബഹുശ പലതരത്തിൽ നിന്നെ വിശദീകരിക്കുന്നു ആര് ബുദ്ധന്മാർ വിശദീകരിക്കുന്നു ഒരു ആചാര്യൻ വിശദീകരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ടും അത് പരമാർത്ഥമാണെന്നും ബോധിച്ചു ഇതാണ് പരമാർത്ഥ തത്വം അക്കാര്യത്തിനും സംശയമൊന്നുമില്ല എന്നാൽ കസ്മാത് ലൗകീ ലന്മാർ കസ്മാഗ്രഹ്യത എന്തുകൊണ്ടത് ഗ്രഹിക്കുന്നില്ല ലൗകികർ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല ലൗകികരെന്നു പറയുമ്പോ അങ്ങനെ ധരിച്ചുള്ളത് എന്താണോ സ്വാമിമാരില്ലാത്തവരെല്ലാം ലൗകികർ അങ്ങനെ ധരിക്കരുത് സ്വാമിയും ലൗകികൻ തന്നെ ശ്രവിക്കുന്നവരെല്ലാം ലൗകികന്മാരാണ് ആരാണോ ഇത് ശ്രമിക്കുന്നവരല്ല ഈ ലൗകികനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരർത്ഥമില്ല അങ്ങനെ നമ്മൾ അങ്ങനെ ധരിച്ചു പോയിട്ടുണ്ട് പലരും പറയാറുണ്ട് ഞങ്ങൾ ലൗകികന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കുന്നു എന്ന് പലരും ഒന്ന് ചോദിക്കാറുണ്ട് പലരും പറയാറുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് സ്വാമി പറയുന്ന ഒന്നും ലൗകികർക്കല്ലോ ഇതെല്ലാവരും ലൗകികരാണ് കേൾക്കുന്ന സെർവർ ഈ ലോകത്ത് വ്യവഹരിക്കുന്ന സെർവനും ലൗകികരാണ് ബുദ്ധന്മാരൊഴികെ ബാക്കി എല്ലാവരും ലൗകികരാണ് ഇത്രയായിരിക്കും ഒരു പക്ഷേ സാധനം ഉദ്ദേശിക്കുന്ന എന്താണ് ഈ സത്യത്തെ മനസ്സിലാക്കുന്നതിന് ഉപകരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയണം അത് സാധകന്മാരെന്ന് പറയണം ആ ഇത് ബന്ധമോക്ഷങ്ങളെക്കുറിച്ചെല്ലാം സങ്കല്പിച്ച് ബന്ധത്തെ ഒഴിവാക്കാനും മോക്ഷത്തെ നേടണം എന്ന് പറഞ്ഞ് സാധന ചെയ്യുന്നു അവര് സാധകന്മാര് പക്ഷെ അവർ ലൗകികരല്ലാതെ അവരും ലൗകികരല്ലേ എന്തുകൊണ്ട് അവർക്കുമുണ്ട് ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവരിലുമുണ്ട് എന്താണ് സാധനയെക്കുറിച്ചും സാധ്യതയെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ അതെല്ലാം വ്യവഹാരമാണ് ലോകം എന്ന് പറഞ്ഞാൽ വ്യവഹാരം എന്നാണ് ഉറക്കം ലോകത്തെ സംബന്ധിച്ചതെല്ലാം ലൗകികം വ്യവഹാരത്തെ സംബന്ധിച്ചതല്ല ആരും വ്യവഹാര ഒരാൾ വ്യവഹാരത്തിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ ലൗകികം സ്വാമി ആയാലും ശരി സ്വാമി അല്ലെങ്കിലും ശരി അതുകൊണ്ടൊരാളെ ലൗകീയനെന്നോ അങ്ങനെ അല്ലയെന്നോർതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടല്ലേ പറയുന്നത് ഏവുമുച്ച മാതിരി വക്താവ് നിരന്തരം ബോധിപ്പിക്കുന്നു ഇതാരാണ് കേൾക്കുന്നത് എല്ലാവരും ഇത് കേൾക്കാറുണ്ടല്ല ഇതിൽ ശ്രദ്ധയും താല്പര്യവും ഉള്ളവരാണ് ഇത് കേൾക്കുന്നത് അങ്ങനെ കേൾക്കുന്നവരെയാണ് ഇവിടെ ലൗകികരെന്ന് പറയുന്നത് അവരിൽ ബന്ധമോക്ഷങ്ങളെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നു അല്ലാത്തവരത് കേൾക്കുന്നതേ അല്ല അവരെ സംബന്ധിച്ചിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് തത്വശ്രവണം ചെയ്യുന്ന ലൗകികരെ സംബന്ധിച്ചാണ് അവർക്കും എന്താണോ ഗ്രഹിക്കാൻ പറ്റത്തില്ല ഇത് ഇരുടം വെളിച്ചവും പോലെ രണ്ടു തരത്തിൽ എങ്ങനെ നിൽക്കുന്നു രാത്രിയും പകലും പോലെ ഇത് എന്തുകൊണ്ട് വേറെ അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ സുഷുതിയും ജാഗ്രതും പോലെ പരസ്പരം കൂട്ടിച്ചേർക്കാൻ മയ്യാതെ എന്തുകൊണ്ടിത് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെത്തെ ചോദ്യം എല്ലാ നവീകരണയും പരാതിയായിരുന്നു പറയുന്നു ഗ്രഹിക്കുന്നു ശരിയാണെന്ന് ബോധ്യം വരുന്നു എന്നാലും ഗ്രഹിക്കാൻ കഴിയുന്നത് മനസ്സിലാക്കിയാലും മനസ്സിലാകുന്നുണ്ട് പരാതി എന്തിനാണ് വരുന്നത് തത്വം മനസ്സിലാകുന്നുണ്ട് പക്ഷെ മോക്ഷം കിട്ടുന്നില്ല അതെല്ലാവരുടെയും പരാതി മോക്ഷം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണം ദുഃഖം എന്ന് അത് സംഭവിക്കുന്നില്ല തത്വഗ്രഹണം സംഭവിക്കുന്നുണ്ട് അത് സംഭവിക്കുന്നില്ല ഇവിടെ ഇവിടെ പറയുമ്പോ തത്വഗ്രഹണം ദുഃഖം നിവൃത്തി എന്നുന്ന് രണ്ടല്ല അങ്ങനെ വരാൻ വഴിയില്ല അങ്ങനെ വരാണെങ്കിൽ എന്ത് വേണം ആദ്യം നമ്മുടെ മുറിയിലേക്ക് വെളിച്ചം കടന്നു വരണം അത് വന്ന് മുറിയിൽ സ്വസ്ഥമായിട്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകണം അങ്ങനെ സംഭവിക്കാറുണ്ട് ആദ്യം നമ്മൾ വെളിച്ചത്തെ സ്വാഗതം ചെയ്യുക വെളിച്ചം വരുക വെളിച്ചം വന്ന് അവിടെ സ്വസ്ഥമായിട്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഇരുട്ടിനോട് ആവശ്യപ്പെടുക ഇറങ്ങി പുറത്തു പോകുള്ളൂ അങ്ങനെയൊന്നും സംഭവിക്കാറില്ലല്ലോ അതുപോലെ തത്വഗ്രഹണവും ദുഃഖ നിവൃത്തിയും രണ്ടു കാലത്തിലല്ല സംഭവിക്കുന്നു ഇരുട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒന്നാണ് പ്രകാശിച്ചു പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇരുട്ട് നഷ്ടപ്പെടുന്നു അത് ഏക കാലത്തും സമകാലത്ത് സംഭവിക്കുന്നു നോക്ക് പറയാം അതുപോലെ തത്വഗ്രഹണവും അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ദുഃഖ നിവൃത്തിയും സംഭവിച്ചിരിക്കും പക്ഷെ തത്വം ഗ്രഹിക്കുന്നുണ്ടല്ലോ അതാണ് കൂടുതൽ പ്രശ്നം ലൗകിക ലൗകികന്മാരെ ഇത് ബോധിപ്പിച്ചിട്ടും അവർ ഇത് ഗ്രഹിക്കുന്നില്ല ഗ്രഹിക്കുന്നുണ്ട് പക്ഷെ തത്വമായിട്ടില്ല യഥാർത്ഥമായിട്ടല്ല എന്റെ അടയാളം ഉണ്ട പലരും ചോദിച്ചു ചോദിക്കാറുണ്ട് പറഞ്ഞതൊക്കെ മനസ്സിലായി ഇത് മതിയോ ഇത്രയും മതിയോ ഒരുപാട് കാലം കൊണ്ടിത് കേൾക്കുന്നു പലരും ഇതും മതിയാക്കാറുണ്ട് ഇത്രയും കാലം ഇതൊക്കെ കേട്ട് നീ ഇതിനപ്പുറം ഇതൊന്നും കേൾക്കാനില്ല എല്ലാം മനസ്സിലായി ാണ് അതുകൊണ്ടിത് അവസാനിപ്പിക്കുക നിർത്താം കാരണം എന്താ നമ്മൾ സാധാരണ പഠിക്കുന്നു നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം പഠിക്കുമ്പോൾ സയൻസോ കണക്കോ പഠിക്കുമ്പോൾ എന്തിനു വേണ്ടിയാ പഠിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് പഠിക്കത്തില്ല അവിടെ നിർത്തും പിന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നതിലേ ഉള്ളൂ പഠനം മനസ്സിലായി പിന്നീട് ആരെങ്കിലും പഠിക്കും അതുപോലെ തന്നെ ഇതും നമ്മളെന്താ ചെയ്യുന്നു പഠിക്കുന്നു എന്തിനുവേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകാലം പഠിക്കുമ്പോൾ മനസ്സിലാകും അതല്ലേ ഓരോ ആശ്രമങ്ങളിലൊക്കെ കോഴ്സുണ്ട് ഒരു വർഷത്തെ കോഴ്സ് രണ്ട് വർഷത്തെ കോഴ്സ് മൂന്ന് വർഷത്തെ കോഴ്സ് എന്താ കോഴ്സ് വെച്ചിരിക്കുന്നത് പഠിക്കാൻ വേണ്ടി മൂന്ന് വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ പഠിച്ചു കഴിഞ്ഞു എല്ലാം മനസ്സിലാക്കി കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ തീർച്ചയായും മനസ്സിലാവുമ്പോൾ നിർത്തും നിർത്തുകയും ചെയ്യും അപ്പൊ എപ്പോഴാണ് ഇത് നിർത്തേണ്ടത് മനസ്സിലാവുമ്പോൾ നിർത്താം മനുഷ്യത്വം ബ്രഹ്മസൂത്രവും ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നിർത്താം മനസ്സിലായി തെളിവ് മനസ്സിലായി എന്നുള്ളതിന് തെളിവെന്തെന്ന് വെച്ചാൽ തൻ്റെ ഇടമായിട്ട് പറയാൻ കഴിയും പത്ത് പേരെ മുമ്പിൽ കോഴ്സ് നമ്മൾ അതിനാണല്ലോ വയ്ക്കുന്നത് ധൈര്യമായിട്ട് പറയണം ധൈര്യമായിട്ട് പറയുക എന്ന് വെച്ചാ അങ്ങനെയാണ് തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് തിരിച്ചും മറിച്ചുത്തരം പറയണം ചോദിക്കുന്നവനെ കറക്കി അടിക്കണം ഇതാണ് ഇന്റെ മനസിലാക്കലെന്ന് പറയുന്നു പഠനം തീർന്നു കോഴ്സ് കഴിഞ്ഞു സാമ്യമായി സുഖജീവിതമായി എല്ലാ ഫിസിലിറ്റീസും കൈവരും പിന്നെന്തു വേണം അപ്പോ മനസിലായി മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിർത്താം പഠനം നിർത്താം ഞാൻ ഉൾപ്പെടെയുള്ള സ്വാമിമാര് പഠിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞു മനസ്സിലായി കഴിഞ്ഞു പിന്നെ എന്തിനാണ് പഠിക്കുന്നത് പഠിക്കുന്നൊക്കെ പിള്ളേരുടെ പണിയാ സ്വാമിയാവുന്നതുവരെ പഠിച്ചാണ് സ്വാമിയായ പിന്നെ പഠിക്കേണ്ട കാര്യമുണ്ട് അപ്പത് മനസ്സിലാക്കലാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും അവസാനിക്കും പക്ഷെ ഇവിടെ പറയുന്ന അതല്ല മനസിലാക്കി എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ഇത് എന്നെ ഇത് അവസാനിപ്പിക്കേണ്ടത് എന്തുകൊണ്ട് ബ്രഹ്മ സത്യം ജഗന്മിക്ക എന്നേയും മനസ്സിലായതാണ് അത് മനസ്സിലാക്കിയിട്ടാണ് ആശ്രമത്തിലേക്ക് വന്നത് തന്നെ കോഴ്സിന് മനസ്സിലായി ഇനി അവിടെ വെച്ച് നിർത്തേണ്ടേ ഇവിടെ പറയുന്ന അതല്ല എന്താണോ ഒരു കോഴ്സല്ല പല കോഴ്സും കഴിഞ്ഞു ഒരാശ്രമത്തിന്റെ കോഴ്സ് കഴിഞ്ഞ് പിന്നെ വേറൊരാശ്രമത്തിൽ പോയി അവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് അടുത്ത ആശ്രമത്തിൽ പോയി പല ആശ്രമങ്ങളിലെയും കോഴ്സ് കഴിഞ്ഞു അതാണ് ബഹുശ ഉച്ചന പല തരത്തിലും പറയും കേൾക്കുകയും ചെയ്തു ഇതെല്ലാം ചെയ്തിട്ടും എന്താണ് തത്വം ഈ ശ്രോതാക്കൾ തത്വത്തെ ഗ്രഹിക്കുന്നില്ല അപ്പോൾ പഴയ ചോദ്യം വീണ്ടും വരും ഞാൻ മനസ്സിലായല്ലോ മനസ്സിലായില്ല എന്ന് ആര് പറഞ്ഞു ഇത്രയും കോഴ്സുകളും ഒരാളെ അടുത്ത് വന്ന് കുറച്ച് ദിവസം മുമ്പ് എന്താണ് വേദാന്തം പഠിക്കണം വേദ പഠിക്കേണ്ടത് ബ്രഹ്മസൂത്രം അപ്പോ അത് ശരി ബ്രഹ്മസൂത്രം പഠിക്കണം അപ്പോൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അത് ബ്രഹ്മസൂത്രം പഠിച്ചതാ പഠിച്ചത് വീണ്ടും പഠിക്കുന്നു അതെ അതെവിടെയാ പഠിച്ചതാത് പിന്നെ കോഴ്സ് പഠിച്ചു പിന്നെ രണ്ടാമത് പേരൊരു കോഴ്സ് പറഞ്ഞ ആ കോഴ്സ് പഠിച്ചു പിന്നെ മൂന്നാമതൊരു കോഴ്സ് പഠിച്ചു മൂന്നാല് കോഴ്സ് ബ്രഹ്മസൂത്രം പഠിച്ചതാ ഇനി എന്താ പഠിക്കാൻ എന്നാലും പഠിക്കും ഇതാണ് എന്താണ് മനസ്സിലാകുന്നില്ല എന്ന് ഇവിടെയും മനസ്സിലായെന്ന് ധരിക്കുന്നു നമ്മൾ മനസ്സിലായെന്ന് ധരിക്കുന്നു എന്നിട്ടും മനസ്സിലാകുന്നു വീണ്ടും മനസ്സിലാക്കേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് കാരണം അവിടെ നമുക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടെങ്കിലും ദുഃഖം നിവൃത്തി സംഭവിക്കുന്നില്ല രണ്ട് രീതിയിലായാലും ഒന്ന് ഒരാൾ കരുതുന്നു ഞാനത് മനസ്സിലാക്കി ശരി ഇത് അവസാനിപ്പിക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യം കൂടെ ഉറപ്പുവരുത്തണം എന്താണ് ഈ ദുഃഖ നിവൃത്തിയത് സംഭവിച്ചോ അതുകൂടെ ഉറപ്പുവരുത്തണം എന്നാണ് ഇത് അവസാനിപ്പിക്കാം അല്ല ഇനി ഒരാളങ്ങനെയല്ല ഇനി എനിക്കിന് വീണ്ടും ഇത് മനസ്സിലാക്കാനുണ്ട് വീണ്ടും എനിക്കിത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതെന്തിനും മനസ്സിലാക്കണം എന്താ മൂന്ന് സ്ഥലത്ത് നാല് സ്ഥലത്ത് ബ്രഹ്മസൂത്രം പഠിച്ചിട്ടും വീണ്ടും ഇതെന്തിനാ ഇത് പഠിക്കാൻ നൽകുന്നത് വീണ്ടും പഠിക്കാൻ നൽകുന്നത് ഇയാൾ ഇതെങ്ങനെയാ പറയുന്നതെന്ന് അറിയണം മറ്റേ എങ്ങനെയാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി അല്ല വീണ്ടും നമ്മൾ ഇത് അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും എന്തിനു വേണ്ടിയായിരിക്കണം ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയായിരിക്കണം നിർത്തിയാലും അങ്ങനെ ദുഃഖ നിവൃത്തിയിൽ ഇത് അവസാനിക്കും ഈ മനസ്സിലാക്കൽ അവസാനിക്കും അല്ലെങ്കിൽ ഈ ഭാരം തലച്ചോറിനും ആയാസം ഉണ്ടാക്കുന്ന ഈ ശാസ്ത്രം കൊണ്ട് എന്താ പ്രയോജനം ഇത് ചുമന്നുകൊണ്ട് കിടന്നിട്ട് മറ്റെന്തെങ്കിലും ചുമടടുക്കുന്നതിനെന്താ വ്യത്യാസം വ്യത്യാസം ഇതാണ് നിങ്ങളിത് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദുഃഖ നിവൃത്തിയിൽ അവസാനിപ്പിക്കുന്നു ഇത് തുടരുന്നുണ്ടെങ്കിൽ അത് ദുഃഖ വേണ്ടി തുടരുന്നു അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ലൗകികേരുന്ന ഗൃഹ്യത എന്ന് പറയുന്നു ഇവിടെ ആചാര്യൻ എന്ത് ചെയ്യുന്നു ഇത് നിരവധി തവണ ബോധിപ്പിച്ചു കഴിഞ്ഞ ബോധിച്ചു കഴിഞ്ഞ ഒരുവനെയാണ് പറയുന്നത് അവൻ ലൗകികനാണോ അവൻ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവനൊരു ദുഃഖം നോട്ടി സംഭവിക്കുന്നില്ല നമ്മൾ പറയണം അവന്റെ ഉറക്കം അവസാനിച്ചു ഉറക്കം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ എന്താണോ ഓണറിന്റെ അല്ലേ ണരാതെ ഉറപ്പ് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് ഇല്ല അപ്പൊ പിന്നെ ഉറപ്പ് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചത്തുപോയാൽ ഉറക്കം അവസാനിക്കുന്നു അത് ശരിയാ പിന്നെ ഉറക്കം ഇല്ല അങ്ങനെ ആഗ്രഹം ഉള്ള ഉറക്കം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കണം അതുപോലെ എന്താണ് ആ രണ്ടു ഭാഗത്തെയും കണക്കിലെടുത്തുകൊണ്ട് ആചാര്യം പറയുകയാണ് നിരവധി തവണ ഇത് ആവർത്തിച്ചു എന്നിട്ട് അവൻ ഗ്രഹിക്കുന്നില്ല ഇത് ഗ്രഹിച്ചു മനസ്സിലായി എന്നിട്ട് ഇത് അവസാനിക്കുന്നില്ല എന്നുവെച്ചാൽ ദുഃഖം നിവർത്തി സംഭവിക്കുന്നില്ല എങ്ങനെ അതാണ് അടുത്ത് പറയുന്നത് േശേനഷ്ട്രിയാസേന അച്ഛാ വീണ്ടും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നിത്യം നിത്യം സുഖം ആവർണം ചെയ്യപ്പെടുന്നു നിത്യം നിത്യവും സദാ ഈ സുഖത്തെ മൂടുന്നു എന്നാണ് അതാണ് സംഭവിക്കുന്നത് സുഖമെന്ന് പറയുന്ന രണ്ടുതരത്തിൽ വ്യാഖ്യാനിക്കുന്നു അനായാസം എന്നും ഉണ്ട് അർത്ഥത്തിൽ സുഖത്തെ ക്രിയവിശേഷണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അനായാസം എന്നുള്ള അർത്ഥം കിട്ടും സുഖത്തെ കർമ്മമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആത്മസ്വരൂപമായിരിക്കുന്ന സുഖം രണ്ടുതരത്തിൽ വരുന്നത് ഭാഷയുടെ വ്യാകരണത്തിന്റെ ഒരു കളിയാണ് ഭാഷകാരെ രണ്ടർത്ഥവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത് സുഖമായി വളരെ നിസ്സാരമായി എന്നത് അതായത് ഇത്രയും ആയാസപ്പെട്ട് ഇത്രയും വലിയ ശാസ്ത്രങ്ങളെല്ലാം ഏകാഗ്രമായി വളരെ ബുദ്ധിമാനായി വിവേകിയായി എല്ലാ തത്വങ്ങളും ഗ്രഹിച്ചിട്ടും നിഷ്പ്രയാസം പച്ചമലയാളത്തിൽ അവൻ ദുഃഖത്തിന് കീഴ്പെട്ടുപോകുന്നു അനിയന്ത്രിതമായി അവൻ ദുഃഖത്തിന് ദുഃഖത്തിൽ അതുകൊണ്ടാണ് അവനെ ലൗകികൻ എന്ന് വിളിക്കുന്നത് അവൻ എത്രയും വലിയ സ്വാമി ആയാലിച്ച് അവൻ ലൗകികനാകുന്നതുകൊണ്ടാണ് ദുഃഖത്തിൽ വീണുപോകുന്നു പിന്നെ ഈ ഭാരം കൊണ്ടെന്താ പ്രയോജനം അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ശാസ്ത്ര അധ്യയനം നിഷ്ഫലമാണോ എന്ന് പറയുന്ന ഈ സന്ദർഭത്തിലാണ് അതവനെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിൽ പിന്നെന്താ ഇതുകൊണ്ടെന്താ പ്രയോജനം എങ്ങനെ അത് എസ് കസ്യ വസ്തുവിനോ ധർമ്മഗ്രഹണേന പ്രദക്ഷണം അവൻ ിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദ്വൈതം ജാഗ്ര ദ്വൈതം സ്വപ്ന ദ്വൈതം ഇതിന്റെ ഈ അനുഭവങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധാനുഭവങ്ങൾ ഈ അനുഭവങ്ങൾ അതിന് ഒരു നിയമമെന്നും പറയാൻ ഇതെങ്ങനെ ഇവനെ ദുഃഖത്തിന് അധീനമാക്കുന്നു എന്നൊന്നും പറയാൻ വയ്യ അവനെ നിസ്സാരമായി വളരെ അനായാസമായി ദുഃഖത്തിന് അധീനനായി പോകുന്നു അങ്ങനെ ദുഃഖത്തിന് അധീനനായി പോകുന്ന ഈ ശ്രോതാവിനെ കണ്ടിട്ടാണ് ആചാര്യം പറയുന്നത് ഇവൻ കാര്യം പിടിയിട്ടുന്നില്ല ഞാനിത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇവന്റെ തലയിൽ കയറുന്നില്ല എന്ന് പറയുന്നത് അതാണ് എന്ന് പറഞ്ഞാ എന്താണ് ദുഃഖ നിവൃത്തി സംഭവിക്കുന്നില്ല ദുഃഖ നിവൃത്തി അത് അപ്രാപ്യമായതുകൊണ്ട് അതാണ് ഇതിന്റെ തെളിവെന്താണ് ഇവൻ ഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്താണ് തടസ്സമായിരിക്കുന്നത് ആവർത്തിച്ച് ആചാര്യം ബോധിപ്പിക്കുന്നു അവൻ ഗ്രഹിക്കുന്നു പക്ഷെ എന്നിട്ടും ഗ്രഹിക്കാൻ എന്താ ഈ ദുഃഖപ്രാപ്തി തന്നെ എന്റെ ആ ദുഃഖപ്രാപ്തി തന്നെ ഈ ബോധത്തിന് തടസ്സമായിരിക്കുന്നു ആ ബോധം തന്നെയാണ് ഈ ദുഃഖത്തിൽ ഇല്ലായ്മ ചെയ്യേണ്ടത് തത്വത്തെ ബോധിപ്പിച്ചിട്ടും ബോധം ഉള്ളിൽ പ്രകാശിക്കുന്നു ബാഹ്യമായി ബോധത്തെ ഗ്രഹിക്കുന്നു പക്ഷെ ഉള്ളിലത് പ്രകാശിക്കുന്നു അതിന് പറയും അപരോക്ഷം അപ്പൊ അപരോക്ഷ അനുഭവമായി മാറുന്നില്ല അപരോക്ഷ അനുഭവമായി മാറുമ്പോൾ അവിടെ ദുഃഖം നിർത്തി സംഭവിക്കും മറിച്ചാണെങ്കിലോ ഒരാൾ പറയുന്നു ബുദ്ധിമാനാണ് എനിക്ക് ഇത്തവത്തെ അനായാസമായി തിരിക്കാൻ കഴിയുന്നുണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഈ തത്വം വളരെ ലളിതമാണ് അനായാസമാണ് ശരിയാണ് ഇത് ലളിതവും അനായാസവുമാണ് പക്ഷെ അതുപോലെ അതൊരു സത്യമാണ് തത്വം ലളിതും അനായാസമാണ് അതുപോലെ മറ്റൊരു സത്യമാണെന്ത് അനായാസമായി ലളിതമായി തന്നെ ഈ ദുഃഖം നിങ്ങളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും രണ്ടും അനായാസമായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിനെ അനായാസമായി ഗ്രഹിച്ചു എന്ന് വിചാരിച്ച് ദുഃഖം പിന്മാറത്തില്ല രണ്ടും ഒരേ സമയം ഒരുപോലെ സംഭവിക്കുന്നു അതുകൊണ്ട് പറയുന്നുകൊണ്ടാണ് ഇത് ഗ്രഹിക്കുന്നില്ല വിവേകീന ഗ്രഹിക്കാൻ വിവേകിയായിട്ട് കൂടി അവൻ ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവനെ പറയുന്നു ഗ്രഹണേന ഗ്രഹണാവേശേന പറയുന്നു ഗ്രഹണാവേശം നിങ്ങൾ തത്വത്തെ എങ്ങനെയാണോ അതുപോലെ െന്താണ് പ്രേതാവേശം ഭൂതാവേശം എന്നൊക്കെ പറയുന്ന പോലാണ് എന്താണ് അതിന്റെ പ്രത്യേകതയും ഭൂതാവേശം പ്രേതാവേശം എന്നൊക്കെ പറയുന്നു ഭൂതം പ്രേതം ഇതൊക്കെ ഇങ്ങോട്ട് ആവേശിക്കാൻ വരുമ്പോ നമ്മൾ പെർമിഷൻ ചോദിക്കത്തില്ല ഞാൻ ഇങ്ങോട്ട് കയറിക്കോട്ടെ അതിന് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങ് കയറി അതാണ് അതിനാണ് ആവേശം എന്ന് പറയും എവിടെയാണോ അത് കയറി വാസമുറപ്പിക്കുന്നത് അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ചോദിക്കത്തില്ല അവന്റെ സൗകര്യമാണ് കയറുന്നവന്റെ സൗകര്യമാണ് പ്രേതം കൊള്ളാം എനിക്ക് ഇരിക്കാൻ പറ്റിയവനാണ് അവനെന്ന് കണ്ടു കഴിഞ്ഞാൽ വന്നെങ്കിൽ കയറും അവിടെ അനുവാദം ചോദിക്കുന്ന പ്രശ്നമേ അവരുടെ സൗകര്യമാണ് വരുന്നയാളുടെ സൗകര്യമാണ് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഗ്രഹണേന ഗ്രഹണാമേശന് ഇതൊരാവേശമാണ് അനുവാദം ചോദിക്കാതെ കടന്നു വരുന്ന നമുക്കറിയാണ്ടോ കാരണം ദുഃഖം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല മനസ്സത് ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാലും അതെന്തെയ്യുന്നു അത് ആവേശിച്ചുകളും നമ്മുടെ അനുവാദം കൂടാതെ പ്രവേശിച്ചുകളയും അങ്ങനെയാണ് സർവ്വ ദുഃഖവും കടന്നു വരുന്നത് ഈ ദുഃഖാവേശം അത് മാറുന്നില്ല ഒരുപാട് തത്വത്തെ ഒക്കെ ഗ്രഹിച്ചിട്ടും മാറുന്നില്ല മിഥ്യാഭിനിവതയാ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നു മിഥ്യാഭിനിവേശം നമ്മൾ ചർച്ച ചെയ്തതാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തതാണ് മിഥ്യാഭിനിവേശത്തെ ഇത് മാറ്റുന്നില്ല ഭ്രാന്തിയെ മാറ്റുന്നില്ല ഭ്രാന്തിയെ മാറ്റുന്ന തരത്തിലിത് പ്രകാശിക്കുന്ന എന്താ എന്താണ് ഇവിടെ എന്താണ് പ്രകാശം എപ്പോഴും ഇരുട്ടിനെ മാറ്റാറില്ല പൊതുവെ അങ്ങനെയാണ് പ്രകാശം എന്നാ ഇരുട്ട് മാറുമെന്നുള്ളതാണ് ഒരു ധാരണ പക്ഷെ ചിലപ്പോൾ പ്രകാശം ഇരുട്ടിനെ മാറ്റാതെങ്കിൽ സന്ധ്യാസമയത്ത് നോക്കുക അവിടെ പ്രകാശം കൊണ്ട് ഇരുട്ടു എന്താണ് മങ്ങി വെളിച്ചമെന്ന് പറഞ്ഞു മങ്ങി വെളിച്ചത്തിൽ എന്താണ് രണ്ടു വള്ളതുകൊണ്ടാണ് ഇരട്ടിൽ നിൽക്കുന്നു പ്രകാശം നിൽക്കുന്നു അതുപോലെ തത്വഗ്രഹണത്തിനും ഈ മിഥ്യ അഭിനിവേശം നിൽക്കുന്നു എന്തുകൊണ്ടാണ് രണ്ടും നിൽക്കുന്നത് ആ ഇരട്ടിനെ പൂർണ്ണമായും നശിപ്പിക്കാത്ത കാര്യം പ്രകാശമില്ല അവിടെ അത് മധ്യാത്തിൽ ഉണ്ടായിരുന്നു അവിടെ ഇരുട്ട് നിന്നല്ല പ്രകാശത്തിന്റെ തീവ്രതയെ അപേക്ഷിച്ചാണ് ഇരുട്ട് മാറിപ്പോ അതുപോലെ ഈ തത്വഗ്രഹണത്തിന്റെ അപരോക്ഷതയെ ആശ്രയിച്ചിട്ടാണ് ഈ ദുഃഖം മാറുന്നത് ഇത് ആപേക്ഷികമാണ് അടുത്തിനിപ്പറയും എന്തുകൊണ്ട് തത്വം ഗ്രഹിച്ചിട്ടും ദുഃഖം മാറുന്നില്ല പറഞ്ഞല്ലോ എന്തുകൊണ്ട് വെളിച്ചം വന്നിട്ടും അവിടെ ഇരുട്ട് നിൽക്കുന്നു അപ്പോ ഇരുട്ടിന്റെ തകരാറല്ല വെളിച്ചത്തിന്റെ പോരായ്മയാണ് വെളിച്ചം കുറച്ചുകൂടി തീവ്രമാകും അതുപോലെയാണ് ഇവിടെ വെളിച്ചം തീവ്രമാകുന്നില്ല എന്തുകൊണ്ടാണ് ഈ വെളിച്ചം തീവ്രമാകാത്ത ഇതാവർത്തിച്ചിട്ട് അമ്മെ പഴയ ആൾക്കാർ പറയുന്നതാണ് കതിരുമയ വളം വയ്ക്കുക എന്ന് പറയും അതുകൊണ്ട് നെല്ലിന് പുഷ്ടി ഉണ്ടാകത്തില്ല ഈ വെളിച്ചം എന്തുകൊണ്ട് അങ്ങനെ പ്രകാശിക്കുന്നില്ല ഇവിടെ പറയും ഭാഷകാലം പറയും വ്യാഖ്യാതവ് പറയും സാധന സമ്പത്തി ഇല്ലാത്തതുകൊണ്ട് ബ്രഹ്മസൂത്രം പഠിച്ചെന്നോ മണ്ഡുക്യം പഠിച്ചെന്നോ എന്ന് വിചാരിച്ച് അതുകൊണ്ടൊന്നും ദുഃഖം മാറണമെന്നൊന്നുമില്ല മാറിക്കൂടാന്നുമില്ല മറന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം അതുകൊണ്ട് അതിനു തന്നെ പ്രാധാന്യം കൊടുക്കാം എന്തുകൊണ്ടാണ് സാധന സമ്പത്തിൽ സാധന സമ്പത്തി എന്ന് പറയുമ്പോൾ പിന്നെ ആദ്യം പോലെ തുടങ്ങേണ്ടി വരും എല്ലാദ്യം പോലെ ആരംഭിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കോഴ്സുകൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും കാരണം സാധന സമ്പത്തി നമ്മൾ വീണ്ടും ഒന്നാം ക്ലാസ്സിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കേണ്ടി വരും ചിത്രശുദ്ധി രാഗദ്വേഷങ്ങളുടെ നിർമ്മാർജ്ജനം ഇതൊക്കെ സംഭവിക്കണ എന്തൊക്കെ ആ സാധന സമ്പത്തിയിലൂടെ വരുമ്പോൾ മാത്രമേ ഇത് അപരോക്ഷമായി നിൽക്കത്തുള്ളൂ അതിവിടെയും പറയും സാധനസമ്പത്തി അനന്തരം നമ്മൾ പഠിച്ചാലോ ബ്രഹ്മസൂത്രത്തിന് പഠിച്ചാൽ പോരാ അത് ഒരുവന് സംഭവിക്കണം അതിനു വേണ്ടി ആചാര്യം പറയും സാധന സമ്പത്തി അനന്തരം മാത്രമേ ഈ ഗ്രഹണം പൂർണ്ണമായ ഫലം കൊടുക്കത്തുള്ളൂ അതാണ് പറയുന്നത് സാധനസമ്പത്തിക്ക് അനന്തരം മാത്രമേ ഇത് ആ സാധന സമ്പത്തി അനന്തരം അനന്തരമേ ഇത് പൂർണമായ ഫലം കൊടുക്കത്തുള്ളൂ അപ്പതിന്റെ തകരാർ എവിടെയിരിക്കുന്നു സുരോതാവി തന്നെ ഇരിക്കുന്നു ആചാര്യന്മാരെ മാറി മാറി പരീക്ഷിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ശരി നമുക്ക് അവിടുത്തെ ഒരു ആചാര്യനെ കൊണ്ടുവരാം ഇനി മറ്റിടത്തുനിന്ന് ഒരു ആചാര്യനെ കൊണ്ടുവരാം ഇനി വേറൊരാചാര്യം നമുക്ക് ഇറക്കുമതി ചെയ്യാം ഒരു രക്ഷയില്ല ഏതാ എല്ലാ ആചാര്യന്മാരും ഫെയിൽ പരാജയപ്പെടും എന്ത് സംഭവിക്കണം സാധനസമ്പത്തി അതുകൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അതിനുശേഷം മാത്രമേ ഇത് ഫലം കൊടുക്കത്തുള്ളൂ അവിടെ ഗ്രഹണം സഫലമാകുന്നു എങ്ങനെ സുഫലമാകും ദുഃഖ നിവൃത്തിയിലൂടെ ആ ദുഃഖ നിവൃത്തി എന്താണെന്നൊക്കെ എനിക്ക് ചോദ്യം വരും അത് മറ്റൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ദുഃഖ നിവൃത്തിയുടെ സ്വരൂപം എന്താണ് ദുഃഖമില്ലാതാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് അത് മറ്റൊരു വിഷയമാണ് എന്തായാലും ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് എന്താണ് മുമ്പും പറഞ്ഞു അത് ബുദ്ധന്മാരുടെ അനുഭവമാണ് ആ ബുദ്ധന്മാരുടെ അനുഭവ രൂപത്തിലുള്ള ദുഃഖം നിവൃത്തി അത് സംഭവിക്കുന്ന ഗ്രഹണം അനുഭവം അതിന് തടസ്സമായിരിക്കുന്ന മിക്ക അഭിനിവേശങ്ങൾ ആ അഭിനിവേശങ്ങൾ നിൽക്കുന്നത് കൊണ്ടെന്താണ് സുഖം ആംപ്രിയതെ അനായാസേന അച്ഛാദ്യതെ അനായാസമായി അവൻ തത്വത്തെ ആഗ്രഹിക്കുന്നു അനായാസമായി അവൻ ദുഃഖത്തെ കീഴ്പ്പെടുകയും ചെയ്യുന്നു ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിന് മാറ്റം വരണം എന്നാണ് ആചാര്യൻ പറയുന്നത് നിത്യം ദുഃഖം ൃേണ yes, ഭഗവാൻസൗ